ം നാൽപ്പത് അകമ്പടി നായകനായ നെബൂസർ അദാൻ ഇരമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവൻ യഹോവയങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് ബാബയിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരായ യരുഷലേമിലെയും യഹൂദയിലെയും സകലബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങല ബന്ധിച്ചിരുന്നു എന്നാൽ അകമ്പടി നായകൻ ഇരമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത് നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളിച്ചെയ്തു അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു നിങ്ങൾ യഹോവയോട് പാപം ചെയ്തു അവന്റെ വാക്ക് കേൾക്കാതിരുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്കിഷ്ടമുണ്ടെങ്കിൽ പോരുക ഞാൻ നിന്നെ നോക്കും എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട ഇതാ ദേശമൊക്കെയും നിന്റെ മുമ്പാകെ നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ഷാഫാന്റെ മകനായ അഹീകാമിന്റെ മകൻ ഗദല്യാവിന്റെ അടുക്കൽ നീ ചെന്നവനോട് കൂടെ ജനത്തിന്റെ മധ്യയെ പാർക്ക അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക് പൊയ്ക്കൊള്ളുക എന്നു പറഞ്ഞ് അകമ്പടി നായകൻ വഴിച്ചിലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്രയച്ചു അങ്ങനെ ഇരമ്യാവ് മിസ്ബയിൽ അഹീകാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു ബാവേൽ രാജാവ് അഹികാമിന്റെ മകനായ ഗദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചു എന്നും നാട്ടുപുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്ബയിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നു നഥന്യാവിന്റെ മകനായ ഇസ്മയേൽ കാരഹിന്റെ പുത്രന്മാരായ യോഹാനും യോനഥാനും തൻഹൂമത്തിന്റെ പുത്രനായ സെരായാവും നെട്ടോഫാത്യനായ എഫായിയുടെ പുത്രന്മാർ മയഖാത്യന്റെ മകനായ യെസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകൻ ഗദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്തു പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ കൽദെയരെ സേവിപ്പാൻ ഭയപ്പെടരുത് ദേശത്തു പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽതയർക്ക് ഉത്തരവാദിയായി മിസ്ബയിൽ വസിക്കും നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തുകൊള്ളുവീൻ അങ്ങനെ തന്നെ മോവാബിലും അമോന്യരുടെ ഇടയിലും ഏതോമിലും മറ്റുദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവ് യഹൂദയിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകൻ ഗദല്യാവെ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദദേശത്ത് ഗദല്യാവിന്റെ അടുക്കൽ മിസ്പയിൽ വന്ന് വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു എന്നാൽ കാരഹിന്റെ മകനായ യോഹാനാനും നാട്ടുപുറത്ത് പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും മിസ്പയിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്ന് അവനോട് നിന്നെ കൊന്നുകളയേണ്ടതിന് അമ്മൂന്യരുടെ രാജാവായ ബാലിസ് നഥന്യാവിന്റെ മകനായ ഇസ്മയേലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നു എന്ന് ചോദിച്ചു അഹികാമിന്റെ മകനായ ഗദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല പിന്നെ കാരേഹിന്റെ മകനായ യോഹാന മിസ്ബയിൽ വെച്ച് ഗദല്യാവോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ ചെന്ന് ആരുമറിയാതെ നഥന്യാവിന്റെ മകനായ ഇസ്മയിലിനെ കൊന്നുകളയട്ടെ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചിതറിപ്പോകുവാനും യഹൂദയിൽ ശേഷിച്ചവർ നശിച്ചു പോകുവാനും തക്കവണ്ണം അവൻ നിന്നെ കൊല്ലുന്നത് എന്തിന് എന്നു പറഞ്ഞു എന്നാൽ അഹികാമിന്റെ മകൻ ഗദല്യാവ് കാരേഹിന്റെ മകൻ യോഹാനാനോട് നീ ഈ കാര്യം ചെയ്യരുത് നീ ഇസ്മയലിനെക്കുറിച്ച് ഫോഷ്കു പറയുന്നു എന്ന് പറഞ്ഞു